ൃതീയ കല്യാണം ഊർധ്വമൂസുക്രം തദ്ദേമൃതമു തന്നെ ശ്രദ്ധേത്യു കിദം ജഗത്സവം പ്രാണതി നിസ്സൃതം മഹന്ഭയം വജ്രമുദ്ദിയതം ൃതസ്തേ ഭപതി ഭപതി സൂര്യ ഭ്രശ്ചാശ്ച മൃത്യർഭാവതി പച്ചമ ഇത ചേത് അശദ്ോം പ്രീരസർഗേഷ ശരീരത്തെ ദർശാനിപ്പലോകെ യഥാസു പരീവ ദദൃശേ തന്ധർമ്മലോകരിവ ബ്രഹ്മലോകെ ഇന്ദ്രിം പൃഥക്ഭാവം ഉദയാസ്തമയോചയ പൃഥക് ഉത്പയമാന ീരോ ഇന്ദ്രിഭ്യം മനോ മനസുക് സമഹത്മാ മഹത് വ്യക്തമുക്തം അവ്യക്തപര പുരുഷോ ിംഗു അമൃത ഛതിക്ഷുഷാ പശ്യത്തിനൈനം തനിഷാ മനസാഭിക്ലുപ്തോ മൃതസ്തേ പഞ്ചാവതിഷന് സഹിശ്ചേ പരമാംതി മന്യന് ിയധാരണ അപ്രമത്തോ പ്രഭവാപ്യയോ നൈ വാച നനസ പ്രോക്ഷുഷ അസ്തി ബ്രോദോന <tapham> േ പ്രമുച്യ ശെ പ്രഭി ഹൃദയേഹ ഗ്രന്ഥയ അഥ മോ അമൃതോ ധ്യനുശാസനം ശതം ചേക്കൃദയ താസാമൂർധി നിസ്സൃതൈകൂർ ആയ അമൃത ത്വതി വിശ്വം അനിയ ഉത്മണേഭി സങ്കുഷ്ടത്ര പുരുഷോന്ദ്രത്മാ ജന സവിഷ്ടശരീരാത് മുഞ്ചാതിവേഷേണി ശുക്തം ശുക് മൃത്യു പ്രോക്തേ വിദ്യധി ബ്രഹ്മ പ്രാ വിരജോഭൂരിമൃ അന്യേപ്യംയോ വിധ്യാത്മമേവാ കഴിഞ്ഞ മന്ത്രങ്ങളിൽ ചർച്ച ചെയ്തത് ആത്മാവ് ഇന്ദ്രിയം മനസ്സ് ബുദ്ധി ഇതിനെല്ലാം അപ്പുറമാണ് അത് വ്യാപിയാണ് അതിനെ സാക്ഷാത്കരിച്ച് മനുഷ്യൻ മോക്ഷത്തെ പ്രാപിക്കുന്നതാണ് ജീവന്റെ ചരവുമായ ലക്ഷ്യം കഥം ദർഹി അലിംഗസ്യ ദർശനം ഉപപദ്ധ്യത നമ്മുടെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു ആത്മാവ് അലിംഗനാണ് അതിന് പ്രത്യേകിച്ച് അടയാളങ്ങളൊന്നുമില്ല അതിനെ അറിയുന്നതിനുള്ള ഉപായങ്ങളൊന്നുമില്ല അറിയാൻ ഉപായമില്ലാത്തതിന് സാക്ഷാത്കരിക്കുന്നങ്ങനെ അങ്ങനെ സംശയം വരുന്നു കഥം ദർഹി ഭാഷ്യത്തിൽ പറയുക അലിംഗസ്യ ദർശനം അറിയാൻ ഉപായങ്ങളൊന്നുമില്ലാതെ ആത്മാവിന്റെ ദർശനം എങ്ങനെ സാധിക്കും അതിനാണ് ഒൻപതാമത്തെ മന്ത്രം സന്ദർശന വിഷയൂപം ന സന്ദർശി സന്ദർശന വിഷയനാ ധിഷ്ഠതി ആത്മാവിന്റെ സ്വരൂപം യഥാർത്ഥ സ്വരൂപം ഒരിക്കലും ദർശന വിഷയമല്ല ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്നില്ല അറിവിനും വിഷയമാകുന്നില്ല ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിരുന്നെങ്കിൽ അവിടെ വികല്പങ്ങൾ സംശയങ്ങൾ ഉണ്ടാകത്തില്ല പ്രത്യക്ഷമായിരിക്കുന്ന കാര്യത്തിൽ സംശയം വരാറില്ല പക്ഷെ ഇവിടെ സംശയമുണ്ട് സംശയമുള്ളത് കൊണ്ട് എന്താണത് ഇന്ദ്രിയ വിഷയമാകാത്തതുകൊണ്ടാണ് സംശയമുള്ളത് അജ്ഞേയമായ വിഷയത്തിനും സംശയമില്ല ജ്ഞാനത്തിന് വിഷയമാകുമ്പോഴേ സംശയം ഉണ്ടാകും വിഷയം അജ്ഞേയമാണെങ്കിൽ അത്യന്തം അജ്ഞാതമാണെങ്കിൽ ആവശ്യത്തിൽ സംശയം ഉണ്ടാകത്തില്ല ഭാഗികമായ ജ്ഞാനമാണ് സംശയത്തിന് കാരണം ഇവിടെ സംശയമുണ്ട് അതുകൊണ്ട് ആത്മാവിനെ കുറിച്ചുള്ള ഭാഗികമായ ജ്ഞാനമുണ്ട് ഭാഗികമായ ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ അതും ഇന്ദ്രിയങ്ങളിലൂടെ സാധ്യമാകും അപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ ആത്മാവിനെ ജ്ഞാനം ഉണ്ടാകുന്നുണ്ട് എന്നാൽ പൂർണമായും ഞാൻ ഉണ്ടാകുന്നുമില്ല അതാണ് സന്ദർശി സന്ദർശന വിഷയം സമീക്കായിട്ടുള്ള ഒരു ദർശനത്തിന് എങ്ങനെയാണോ ബാഹ്യവസ്തുക്കളെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ വ്യക്തമായി ധരിക്കുന്നത് അതുപോലെ ഒരു വ്യക്തമായ ധാരണയ്ക്ക് ഇത് വിഷയമാകുന്നില്ല എന്തുകൊണ്ട് പ്രത്യേകാത്മനോ അസ്വരൂപം അതല്ല പ്രത്യേകാത്മാത്യേകം എന്നുള്ള ശബ്ദം കൂടി പറയുന്നത് ാഹ്യമായ വസ്തുക്കൾ പരാഖ് എന്ന് പറയും അതിന്റെ വിപരീതമാണ് പ്രത്യക് എന്ന് പറയുന്നത് ശബ്ദം പരാഖ് അതിന്റെ വിപരീതം പരാഖ് ആയിട്ടുള്ള വസ്തുക്കൾ അത് സ്ഥൂലമാണ് ഗുണങ്ങളോടുകൂടിയതാണെങ്കിലും അതിനെ ഗ്രഹിക്കാൻ പറ്റും ശബ്ദസ്പർശരൂപ രസങ്ങളോട് ചേർന്നിരിക്കുന്ന ഭൗതിക വസ്തുക്കളാണ് നമ്മൾ ഗ്രഹിക്കുന്നത് അതാണ് പരാഖ് പക്ഷെ ആത്മാവെന്ന് പറഞ്ഞാൽ സംശയം വരാതും സർവവ്യാപകമാണല്ലോ അപ്പൊ അതും ബാഹ്യമായി കൂടി പറയുന്നു അല്ലാതെ പ്രത്യേകമാണ് പരാഖിനും വിപരീത സ്വഭാവത്തോടുകൂടി ഇതാണ് സർവവ്യാപകമാണെങ്കിലും അതാന്തരികമാണ് അതുകൊണ്ട് അസ്വരൂപം സന്ദർശന വിഷയത അത് തന്നെ ഒന്നുകൂടി വിശദീകരിക്കുകയാണ് അതോ തന്നെ ചക്ഷുഷ്ട കണ്ടുകൊണ്ട് കാണാൻ പറ്റത്തില്ല സന്ദർശനം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയുള്ള വിഷയഗ്രഹണം അത് കേവലം കണ്ടുകൊണ്ട് കാണുക മാത്രമല്ല ഞാൻ അടുത്ത ഭാഷകാരം പറഞ്ഞിരിക്കുന്ന സർവീന്ദ്രിയാണ് ഒരു ഇന്ദ്രിയങ്ങൾ കൊണ്ടും കാണാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് അതിൽ വികല്പങ്ങൾ വിവാദങ്ങളെല്ലാം ഉള്ളത് ആത്മാവ ഉണ്ടെന്നും ഇല്ലെന്നും അതിനെ കുറിച്ച് പറയുന്നതെല്ലാം സത്യമാണെന്നും അസത്യമാണെന്നും എല്ലാം വിവാദങ്ങളുണ്ടാകുന്നത് കണ്ടുകൊണ്ട് കാണാൻ കഴിയുന്നില്ല പുരിന്ദ്രിയങ്ങൾ കൊണ്ടും അതിനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല ചക്ഷുർഗ്രഹണസ്യ ഉപലക്ഷണാർത്ഥത്വമാണ് മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ചക്ഷുഷാ എന്നാണ് പറയുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല സുഭാഷ്യകാരം പറഞ്ഞു സർവേന്ദ്രിയാണ് ഒരു ഇന്ദ്രിയങ്ങൾ കൊണ്ടും അതിനെ കാണാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിച്ചു ചക്ഷു എന്ന് പറയുന്ന ശബ്ദം ഇവിടെ ഉപലക്ഷണമായി പ്രയോഗിച്ചിരിക്കുന്നു പല സന്ദർഭങ്ങളിലും വന്നിട്ടുള്ളതാണ് ഒരു പദം ഉപലക്ഷണമായി പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ പദത്തിന്റെ പ്രസിദ്ധമായ അല്ലെങ്കിൽ മുഖ്യമായ അർത്ഥത്തെ എടുക്കുകയും അതോടൊപ്പം തന്നെ അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റെല്ലാ അർത്ഥങ്ങളെയും എടുക്കുകയും ചെയ്യുക ഏതൊക്കെ അർത്ഥങ്ങൾ എടുക്കാമോ അതിനെല്ലാം സ്വീകരിക്കുകയാണ് എന്ന് ഇവിടെ പറയുന്നു ചക്ഷു എന്ന് പറയുന്ന ശബ്ദത്തിന്റെ മുഖ്യമായ അർത്ഥം കണ്ണ് പക്ഷെ അതിന് ഇന്ദ്രിയം എന്നുള്ള അർത്ഥമുണ്ട് അപ്പൊ ചക്ഷു എന്നുള്ളതുകൊണ്ട് സർവേന്ദ്രിയവും എന്നുള്ള അർത്ഥം എടുക്കാം ഭാഷകാരൻ എന്ത് ചെയ്ത് ചക്ഷു എന്നുള്ളതിന് കണ്ണെന്നുള്ള അർത്ഥങ്ങളും സർവേന്ദ്രിയം അതങ്ങനെ ഒരു ശബ്ദത്തിന്റെ പ്രസിദ്ധമായ അർത്ഥം കൂടാതെ മറ്റർത്ഥങ്ങൾ എടുക്കുന്നത് അംഗീകരിക്കും അങ്ങനെ ശബ്ദശാസ്ത്രത്തിൽ അങ്ങനെ അർത്ഥത്തെ എടുക്കാൻ അനുവാദമുണ്ട് അതിനാണ് ഉപലക്ഷണം എന്ന് പറയുന്നത് ചിലടത്ത് ഇങ്ങനെ ശാസ്ത്രങ്ങൾ ശബ്ദങ്ങൾ ഉപലക്ഷണമായി പ്രയോഗിക്കുക സ്വബോധകത്വസതി സ്വഇതരബോധകത്വം എന്ന് പറയും ഒരു ശബ്ദം സ്വ സ്വർത്ഥത്തെ ബോധിപ്പിക്കുകയും സ്വഇതരബോധകത്വം അതിന് ഇതരമായിട്ടുള്ള അർത്ഥത്തെ ബോധിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് ഉപലക്ഷണമാണ് അങ്ങനെ ഇവിടെ ഉപലക്ഷണമായി ഉപലക്ഷണം എന്ന് പറയുന്നതിന് മറ്റു പല അർത്ഥങ്ങളുമുണ്ട് വേറെ സന്ദർഭങ്ങളിലാണത് ഇവിടെ ശബ്ദത്തെ പറയുമ്പോൾ ഉപലക്ഷണം എന്ന് പറയുന്നതിന് ഇതാണ് അർത്ഥം ചുഗ്രഹണസ്യ ഉച്ചാരണം എന്നാണ് അർത്ഥം ചക്ഷുഗ്രഹണം മന്ത്രത്തിൽ ചക്ഷു എന്നുള്ള ശബ്ദം ഉച്ചരിച്ചിരിക്കുന്നത് ഉപലക്ഷണാർത്ഥമാണ് ഉപലക്ഷണാർത്ഥത്തിലാണ് അതുകൊണ്ട് ഒരു ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇതിനെ ഗ്രഹിക്കാൻ കഴിയത്തില്ല എന്നാണ്ഷ പശ്യതി നോപലഭതെ ആർക്കും ഇതിനെ അറിയാൻ കഴിയുന്നില്ല ഒരുവനും തന്നെ ഏനം ഇതിനെ പറഞ്ഞാൽ പ്രകൃതം ആത്മാനം പ്രകൃതം ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യുന്നതായി ആത്മാവിനെ പുരേന്ദ്രിയങ്ങൾ കൊണ്ടും ഗ്രഹിക്കാൻ കഴിയുന്നില്ല പിന്നെ അങ്ങനെ ഇതിനെ ഗ്രഹിക്കാൻ കഴിയും എന്താണെന്നുള്ള ഉപായം എന്നാണ് അടുത്ത് പറയുന്നത് കഥംതർഹിതം പശീത്തിച്ചിരി പിന്നെ അതിനെ അറിയാൻ കഴിയുമെന്ന് പറയുന്നുണ്ടല്ലോ അതെങ്ങനെ സാധിക്കും ബാഹ്യമായ ഗോളകങ്ങളിൽ ഇന്ദ്രിയങ്ങളിരിക്കുന്ന സ്ഥാനങ്ങളാണ് പറയുന്നത് ഗോളകങ്ങൾ ആ ഗോളകങ്ങളിൽ ഇരിക്കുന്ന ഇന്ദ്രിയങ്ങളെ കൊണ്ടല്ല ചക്ഷിരാതീന്ദ്രിയങ്ങളെ കൊണ്ട് ഇതിനെ അറിയാൻ കഴിയത്തില്ല കാരണം ഇത് ആന്തരികമാണ് അതുകൊണ്ട് ആന്തരികമായ ഒന്നുകൊണ്ടേ അറിയാൻ പറ്റും ഹൃദയത്തിൽ ഹൃസ്ഥയ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുദ്ധിയ ബുദ്ധി കൊണ്ട് ഇതിനെ അറിയാൻ പറ്റും ആ ബുദ്ധി എങ്ങനെയുള്ളതാണ് മനീഷ അതിനെ വിശേഷിപ്പിക്കുകയാണ് മനസ്സാതിരൂപ ഇപ്പൊ ബുദ്ധി എന്ന് പറയുമ്പോ സാധാരണ നമ്മൾ പറയുന്ന അർത്ഥത്തിൽ ഇവിടെ എടുത്താ പോരാ മനസ് മനസ്സെന്ന് പറയുന്ന എന്താണ് സങ്കല്പാതിരൂപസ്യ സങ്കല്പം സങ്കല്പം എന്ന് പറയുന്നത് പദാർത്ഥബോധം എന്നാണ് സങ്കല്പം സങ്കല്പാദി എന്ന് പറയുമ്പോൾ വികല്പം സങ്കല്പ വികല്പാത്മകം മനഃഹ് നമ്മൾ പഠിക്കുന്നുണ്ടോ സങ്കല്പം എന്ന് പറയുന്നത് പദാർത്ഥബോധത്തിന്റെ സങ്കല്പം എന്ന് പറയുന്നത് ഇതിന്നതാണെന്ന് അറിയുന്ന ബോധം വികല്പം എന്ന് പറയുമ്പോൾ സംശയം ഇതാ ഇതാണോ അതോ മറ്റെന്തെങ്കിലും ആണോ അതാണോ ഇതാണോ എന്നോ ഏത് വസ്തുവിനെ സംശയം ഉണ്ടാകും സങ്കല്പ വികല്പ രരൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അന്ധകരണ ഭാഗത്തിന്റെ പേരാണ് മനസ്സ് അതാണ് സങ്കല്പാതിരൂപസ്യ മനസ്സ് വിഷയഗ്രഹണ രൂപത്തിലിരിക്കുന്നു അല്ലെങ്കിൽ അന്ധകരണം വിഷയഗ്രഹണ രൂപത്തിലിരിക്കുമ്പോൾ അതിന് മനസ്സെന്ന് വിളിക്കുന്നു വിഷയഗ്രഹണത്തിൽ രണ്ടു തരത്തിലാണ് ഒന്ന് പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള ബോധം സദാ മനസ്സിലുണ്ടായിക്കൊണ്ടേയിരിക്കും അതിനെ തന്നെ വേറൊരു പേര് പറയുന്നു വിഷയവൃത്തി എന്ന് പറയുന്നു അത് തന്നെ അസ്ഥിരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന് പറയുന്നു അതും വിഷയവൃത്തിയാണ് ഇതാണ് സങ്കല്പാതിരൂപ സങ്കല്പ വികല്പ രൂപത്തിലുള്ള പറയുന്നു ആ മനസ്സിനെ ഒരു നിയന്താവുണ്ട് ഈഷ്ഠ അതിനെ ഈശാനം ചെയ്യുന്നവൻ എന്നിട്ട് നിയന്ത്രിക്കുന്നവൻ അതിന് ഈശ്വരനായിരിക്കുന്നവൻ അതാണ് ഈഷ്ഠേ എന്ന് പറഞ്ഞത് ക്രിയാരൂപമാണ് ഈഷ്ഠേ നിയത്വേന അതിന് നിയന്താവായിരിക്കുന്നവൻ അതിന്റെ അർത്ഥം പറയുന്നതിന്റെ തൃതീയാന്തമാണ് പ്രഥമാന്തത്തിൽ മനീറ്റ് എന്നൊരു തയാ അങ്ങനെയുള്ള മനീഷ മനീഷ ഹൃദേശിതമായ ബുദ്ധി അതുകൊണ്ട് അതെന്താണ് മനസ്സും ഈ ബുദ്ധിയും തമ്മിൽ വ്യത്യാസം നമ്മൾ വിളിച്ചിട്ടുണ്ട് നിശ്ചയാത്മിക ബുദ്ധി പക്ഷെ അതുപോലെ ഇവിടെ മനസ്സ് തന്നെ പദാർത്ഥ സങ്കല്പ രൂപത്തിലുള്ളാണ് മനസ്സ് പദാർത്ഥ ഭാവന രൂപത്തിലാണ് മനസ്സ് ആ മനസ് തന്നെ പദാർത്ഥത്തിൽ നിശ്ചയിക്കുമ്പോൾ അത് തന്നെ ബുദ്ധിയായിത്തീരുന്നു പക്ഷെ ഇവിടെ അങ്ങനെയുള്ള ബുദ്ധിയല്ല ഹൃസ്ഥയായ ബുദ്ധി എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള സങ്കല്പങ്ങൾ ഇല്ലാതായ സങ്കല്പ വികല്പരഹിതയായ അന്ധകർമ്മ അതാണ് അടുത്ത് പറയുന്നത് അികൽപയിത്രി മനസ്സികളില്ലാത്ത മനസ് അതാണ് അതാണ് വികല്പമില്ലാത്ത മനസ്സെന്ന് പറയുന്നത് യോഗികളും മറ്റും പറയുന്നു നിരുദ്ധ മനസ്സ് യോഗശാസ്ത്രത്തിനും മറ്റും പറയുന്നു യോഗശാസ്ത്രത്തിൽ ഇതിനെ തന്നെ നിരുദ്ധ മനസ്സെന്ന് പറയുന്നു സമ്പ്രജ്ഞാത അസംപ്രജ്ഞാത എന്നുള്ള ഭാഷയിലെല്ലാം പറയാം അവിടെ സമ്പ്രജ്ഞാത മനസ്സ് എന്ന് പറയും നിരുദ്ധ മനസ്സിന് നിരോധ സംഭവിച്ചു കഴിഞ്ഞ മനസ്സ് എല്ലാ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ നിരോധിച്ച് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മനസ്സിനെ ഉറപ്പിക്കുക മനുയോഗശാസ്ത്രത്തിൽ മൂന്ന് തരത്തിലുള്ള സമാധിയെ കുറിച്ച് പറയുന്നുണ്ട് ഗ്രഹീതൃവിഷയം ഗ്രഹണ വിഷയം ഗ്രാഹ്യ വിഷയം അങ്ങനെ മൂന്ന് തരത്തിൽ മനസ്സിന് ഗ്രഹീതാവ് സൂക്ഷ്മമായ അഹംഭാവം അതിലുറപ്പിക്കുന്ന മനസ്സ് ഗ്രഹണം സൂക്ഷ്മങ്ങളിൽ ഉറപ്പിച്ച മനസ്സ് ഗ്രാഹ്യം വിഷയങ്ങളിൽ ഉറപ്പിക്കുന്ന മനസ്സ് ധാരണയെ പരിശീലിക്കുന്നതിന് വേണ്ടി അവിടെ നിർദ്ദേശിക്കുന്നതാണ് ഈ വിഷയങ്ങളിൽ ഉറപ്പിക്ക് മനസ്സുറയ്ക്കുമ്പോ മനസ്സിന് സംഭവിക്കുന്ന എന്താണ് സ്വാഭാവികമായിട്ടും വൃത്തി നിരോധം സംഭവിക്കുന്നത് നമ്മൾ വിളിച്ചിട്ടുണ്ടല്ലോ യോഗ ചിത്തവൃത്തി നിരോധ ചിത്തവൃത്തി നിരോധം എന്ന് പറയുമ്പോ എന്തൊക്കെയുള്ള വൃത്തികളെല്ലാം ഛേദിച്ചു കളയുകയല്ല മനസ് ഒരു വിഷയത്തിൽ ഉറയ്ക്കുമ്പോ മറ്റു വിഷയങ്ങളിൽ മനസ്സ് പോകാതിരിക്കുക അതാണ് വൃത്തി നിരോധം എന്ന് യോഗശാസ്ത്രത്തിൽ പറയും പതഞ്ജലി മഹർഷി പറയുന്നു ചിത്രവൃത്തി നിരോധം എന്ന് പറയും അവിടെ ചിത്രത്തിന് വിഷയം കാണും പക്ഷെ അത് ഏകാഗ്രമായിരിക്കും എന്നുവെച്ചാൽ അനേകമായ അഗ്രം ഒരു വിഷയമേ കാണപ്പോൾ അഗ്രം വിഷയം ഏകം ഒന്നായിരിക്കും സമ്പ്രജ്ഞാത നിരോധ അതിന്റെ പരിപക്വമായ അവസ്ഥ ചെയ്ത് മനസ്സ് അസംപ്രജ്ഞാത നിരോധത്തിലെത്തിച്ചേരും അതിൽ തന്നെ മൂന്ന് തരത്തിൽ ധാരണ ധ്യാനം സമാധി ഇങ്ങനെ മൂന്ന് തരത്തിൽ ഈ നിരോധത്തിൻ്റെ മൂന്നവസ്ഥകളാണ് ധാരണ ധ്യാനം സമാധി ധാരണയിൽ മനസ്സ് നാനാമുഖമായി നിൽക്കുന്നു അതായത് മനസ്സിൽ നിരോധം സംഭവിക്കുന്നു വിഷയത്തിൽ ഏകാഗ്രപ്പെടുന്നു വീണ്ടും വിഷയത്തിലേക്ക് പോകുന്നു ധ്യാനത്തിൽ മനസ്സ് ഏകാഗ്രമായി തന്നെ നിൽക്കുന്നു ഏകമുഖമായിരിക്കുന്നു മനസ്സ് സമാധിയിൽ ഗ്രഹീതാവ് ഗ്രഹണം എന്ന് പറയുന്ന രണ്ടു ഭാവവും മനസ്സിന് ഇല്ലാതായിത്തീരുന്നു ഗ്രാഹ്യ വിഷയത്തിൽ മാത്രം മനസ്സ് നയിക്കുന്നു മനസ്സുണ്ടവിടെ പക്ഷെ കേവല ഗ്രാഹ്യ വിഷയത്തിൽ മാത്രം ധ്യേയ വിഷയത്തിൽ മാത്രം നീക്കും ഇതെല്ലാം യോഗശാസ്ത്രത്തിലെ വിശദീകരണങ്ങളാണ് അങ്ങനെയുള്ള മനസ്സ് അതിനാണ് ഇവിടെ പറയുന്നത് ആ വികൽപ്പ ഇത്രയ മനസ്സാ വികൽപ്പങ്ങളില്ലാത്ത മനസ്സ് നിരോധ സംഭവിച്ച മനസ്സ് അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ ഉറച്ച മനസ്സ് പിന്നെ യോഗശാസ്ത്രത്തിൽ നിർദ്ദേശിക്കുന്നത് വൃത്തി നിരോധമാണ് അഭ്യാസം കൊണ്ട് യുന്നത് രണ്ട് കാര്യങ്ങളാണ് അഭ്യാസവും വൈരാഗ്യവും പരവമായ സമാധി പ്രാപിക്കുന്നതിന് അവിടെ നിർദ്ദേശിക്കുന്നത് വൈരാഗ്യം പരവമായ വൈരാഗ്യം അതാണ് ഉപായം പറയുന്നത് അഭ്യാസം ധ്യേയമായ വിഷയത്തിൽ മനസ്സിനെ നിരന്തരം ആവർത്തിച്ചാവർത്തിച്ചത് അഭ്യാസം എന്ന് പറയുന്നത് പൗന പുല്യം വീണ്ടും വീണ്ടും ചെയ്യുക ഒരു കാര്യം അങ്ങനെ നിരന്തരമായ അഭ്യാസത്തിലൂടെ മനസ്സിന് വിദ്യ വിഷയത്തിൽ ഉറപ്പിക്കുക അഭ്യാസം അതിന് മുഖ്യമായ സാധനം അവിടെ പറയുന്നത് വൈരാഗ്യം അതുകൊണ്ട് യോഗത്തിൽ വ്യവഹാരങ്ങൾ വ്യവഹാര മാർഗത്തിൽ നിന്നുകൊണ്ട് യോഗം സാധ്യമാണ് രണ്ടും കൂടി അടക്കത്തിന് ചിത്തവൃത്തി നിരോധത്തിന്റെ വഴി അതാണ് ഒരേ സമയം രണ്ടും കൊണ്ടുമാക്കത്ത അതിന് അദ്വീതികൾ പറയുന്നത് വൃത്തി നിരോധത്തിന്റെ സ്ഥാനത്ത് പറയുന്ന മനനം അതാണ് അടുത്ത് പറയുന്നത് മനസ മനന്റെ രൂപേണ മനനവിടെ സ്വീകരിക്കുന്നു ഈ തത്വത്തെ ഗുരു ഉപദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ ആത്മവിചാരം ചെയ്യും അതിനും മനസ്സ് വേണം ഏകാഗ്രതയുള്ള മനസ്സ് വേണം ആ വികല്പ ഇത്രയാണ് വികല്പങ്ങളില്ലാത്ത സംശയവിപര്യങ്ങളില്ലാത്ത മനസ്സുകൊണ്ട് അത് ആ മനസ്സ് സ്വയം എങ്ങനെയാവുന്നു മനന രൂപത്തിലായിത്തീരുന്നു അതായത് മനസ്സുകൊണ്ട് മനനം ചെയ്യുകയെല്ലാം മനസ്സ് സ്വയം മനനമായി മാറുന്നു മനസ്സിൻ്റെ തന്നെ പരിണാമമാണ് മനസ്സ് മനസ്സെന്ന് പറയുന്ന ഒരു കരണവും മനനവും പറയുന്നത് മറ്റൊരു പ്രവൃത്തിയല്ല മനസ്സിന്റെ തന്നെ പരിണാമമാണ് മനനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനസ്സിന്റെ തന്നെ വൃത്തിയാണ് മനനം അങ്ങനെയുള്ള മനനം കൊണ്ട് ആ മനനം എന്താണ് ശരിക്കും സമയ ദർശനം ശരിയായ കാഴ്ചപ്പാട് ആത്മതത്വത്തെക്കുറിച്ചുള്ള ശരിയായ ബോധം അതാണ് മനനം എന്ന് പറയുന്നത് ശരിയായ തത്വനിഷ്ഠ ഗുരു പറയുന്നത് അല്ലെങ്കിൽ ശാസ്ത്രം പറയുന്നത് അതേപടി ഗ്രഹിക്കാൻ ഉള്ള കഴിവ് മനസ്സിൻ്റെ ഏറ്റക്കുറച്ചിലില്ലാതെ സമീക്കായിട്ടുള്ള ദർശനം സമ്യക് ദർശനത്തിന്റെ അടയാളം എന്താണ് ഭിത്യന്തേ സർവസംശയ സർവ സംശയങ്ങളും അവസാനിക്കുന്നു ആത്മവിഷയമായിട്ടുള്ള സർവ സംശയങ്ങളും അവസാനിക്കുന്നതാണ് സമ്യക് ദർശൻ സമ്യക് ഒരു വസ്തുവേ ഉള്ളൂ ആത്മാവ് മാത്രമേ ഉള്ളൂ സമ്യക്കായിട്ട് സമം അഞ്ചതി സൗമായി ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റക്കുറച്ചിലില്ലാതെ ഏകഭാവത്തിൽ വർദ്ധിക്കുന്നത് ആത്മാവ് മാത്രമാണ് അതിനെക്കുറിച്ചുള്ള ദർശനം ജ്ഞാനം അതാണ് സംയുക്ത ദർശനം അങ്ങനെയുള്ള സംയുക്ത ദർശനത്തിൽ ആത്മ ജ്ഞാന രൂപത്തിലുള്ള മനസ്സ് അതുകൊണ്ട് അഭിക്ലിപ്ത അഭിപ്രകാശിത എത്തിയത് സാക്ഷാത് അഭിക്ലിപ്തമായി ക്ലിപ്തം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിശ്ചിതം അഭിസമർത്തിത അഭിപ്രകാശിത സാക്ഷാത്തായി പ്രകാശിപ്പിക്കുന്നു ആ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ജ്ഞാനം ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നു എങ്ങനെയുള്ള ജ്ഞാനം സമ്മിക്കായിട്ടുള്ള ജ്ഞാനം ആത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനം അതുമാത്രമേ സമ്മിക്കായിട്ടുള്ള ജ്ഞാനമാണ് ആത്മഭിന്നമായ ജ്ഞാനങ്ങളെല്ലാം അസമ്മിക്കാണ് പ്രപഞ്ചജ്ഞാനമാണ് വിഷയജ്ഞാനമാണ് അപ്പോൾ ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം അതാണ് മനസ്സ് ഇതിനെയാണ് വേറെ ഭാഷ പറഞ്ഞ അഗ്രിയ ബുദ്ധിയ നേരത്തെ പറഞ്ഞു ഈ ജ്ഞാനം കൊണ്ട് പ്രകാശിപ്പിക്കപ്പെടുന്നു ആത്മാവ് പക്ഷേ ഇതിൽ നമുക്ക് പരസ്പര വൈരുദ്ധ്യം തോന്നും ചിലടത്ത് പറയും മനസ്സുകൊണ്ട് പ്രകാശിപ്പിക്കാൻ പറ്റത്തില്ല ചിലടത്ത് പറയും പ്രകാശിപ്പിക്കാൻ പറ്റും വാക്കുകൊണ്ട് പ്രകാശിപ്പിക്കാൻ പറ്റത്തില്ല ചിലടത്ത് പറയും വാക്കുകൊണ്ട് പ്രകാശിപ്പിക്കാൻ പറ്റും ഇത് രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണെന്നാണ് പ്രത്യക്ഷമായി നമുക്ക് അനുഭവപ്പെടുന്നത് പക്ഷേ ഈ രണ്ടിന്റെയും താല്പര്യം ഒന്നാണെന്ന് മനസ്സിലാക്കുമ്പോൾ എന്നതാണ് സംവിജ്ഞാനം എന്ന് പറയുന്നത് അതായത് നേരത്തെ പറഞ്ഞു ഒരു ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇതിനെ പ്രകാശിപ്പിക്കാൻ പറ്റത്തില്ല ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ മനസ്സും അതി ഉൾപ്പെടും എന്നിട്ട് ഇവിടെ പറയുന്നു മനസ്സുകൊണ്ട് ഇതിനെ അറിയാൻ പറ്റും പ്രത്യക്ഷമായും വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത് വൈരുദ്ധ്യം നമ്മുടെ മനസ്സിന് അനുഭവപ്പെടുന്നു വൈരുദ്ധ്യത്തിനാണ് നമ്മൾ നോക്ക് പറഞ്ഞിട്ടുള്ള മറ്റൊരു പേര് മായ എന്ന് പറയുന്നത് വൈരുദ്ധ്യമായി നമുക്ക് അനുഭവപ്പെടുന്നതിനാണ് മായ എന്ന് പറയുന്നത് ഈ പറയുന്ന രണ്ടിന്റെയും താല്പര്യമൊന്നു തന്നെ എന്നറിയുന്നതാണ് സമ്യക് ദർശനം പിന്നെ ചോദ്യങ്ങളില്ല അതാണ് പറഞ്ഞത് ആ വികല്പ ഇത്ര വില്പില്ല സംശയങ്ങളില്ല ഇതിന്റെ എല്ലാം താല്പര്യം ഒന്ന് താല്പര്യം ഒന്ന് വൈരുദ്ധ്യമുള്ള ഭാഷ ഉപയോഗിക്കുന്നു എന്തിന് ഏത് തരത്തിൽ ചിന്തിച്ചാലും അവിടെ തന്നെ എത്തിച്ചേർന്നു എങ്ങനെയെല്ലാം ചിന്തിച്ചാലും ശരി ഈശ്വരൻ ഇല്ല എന്ന് ചിന്തിച്ചാലും ഈശ്വരൻ തന്നെ എത്തിച്ചേർന്നു അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല ഒരാൾ ഈശ്വരനെ നിഷേധിക്കുന്നു ഈശ്വരന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നു ഈശ്വരൻ നിഷേധിയാണെന്ന് പറഞ്ഞ് ഭയപ്പെടേണ്ട കാരണം ഈശ്വരനെ നിഷേധിച്ചാലും അവിടെ തന്നെ എത്തിച്ചേരണം നേതി നേതി എന്ന് പറഞ്ഞൊരു പ്രക്രിയ ഉണ്ട് സർവത്തെയും നിഷേധി സർവ നിഷേധിയും അവിടെ അവസാനം എത്തിച്ചേരുന്നു സർവ്വനിഷേധങ്ങളും അവിടെ തന്നെ എത്തിച്ചേരുന്നു ഇനി അത് പറഞ്ഞു ഞാനും അസ്തിത്വം അസ്തിത്വത്തിന്റെ ഭാഷയിൽ ചിന്തിച്ചാലും എത്തിച്ചേരുന്നു അവിടെ തന്നെ അതുകൊണ്ടല്ല ശൂന്യത്തെക്കുറിച്ച് പറയുന്ന ഞാനും തദ്വാദി എല്ലാവരും പറയുന്നു ഒന്നിനെ തന്നെ കാരണം ഇതെല്ലാം ഒന്നെന്ന് മനസ്സിലാക്കുമ്പോ അവിടെ അവികൽപൈക്രിയ വികൽപരഹിതയായ ബുദ്ധി വരുന്നു ശാന്തമാകുന്നു അങ്ങനെയുള്ള മനസ്സുകൊണ്ട് അഭിപ്രകാശിത ഇതിനെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നു അതുകൊണ്ട് ഇതിനൊന്നും വൈരുദ്ധ്യം കാണുകയും ഇതിനൊന്നും അസ്വസ്ഥരാകുകയും അതിനൊന്നും കൂടുതൽ സംശയിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല തത്വത്തെ ഗ്രഹിക്കുക ആ തത്വം പിടികേറ്റിക്കഴിഞ്ഞാൽ ഇതിനൊന്നും വൈഷമ്യങ്ങളില്ല വൈരുദ്ധ്യങ്ങളില്ല അതുകൊണ്ട് അടുത്ത ഭാഷകാലം പറയുന്നു ആത്മ ജ്ഞാതം ശക്യതയും സ്പഷ്ടമായി പറയും എന്ന് വാക്യശേഷ അങ്ങനെ ഒരു വാക്യം മന്ത്രത്തിൽ പറയുന്നില്ല കൂട്ടിച്ചേർത്തോളം പറയുകയാണ് അതാണ് വാക്യശേഷം അങ്ങനെ ഒരു വാക്യം കൂടി നിങ്ങൾ കൂട്ടിച്ചേർത്തുകൊള്ളുക ആത്മാതും ശക്തി ആത്മാവിനെ അറിയാൻ കഴിയും കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തമാത്മാനം ബ്രഹ്മ ഈ ആത്മാവിനെ തന്നെയാണ് പരമാത്മാവെന്നും പറയുന്നത് ആത്മാഞാതും ശക്തിയതെ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാൻ കഴിയുമെന്നാണ് ആത്മാ ആത്മാ എന്ന് പറയുന്നതെല്ലാം സ്വാഭാവികമാണ് സർവത്രം തന്നെ കുറിച്ച് പറയാണ് തന്നെ അറിയാൻ കഴിയും താനിപ്പോ അറിയുന്നില്ല സമയ ദർശനമെല്ലാം അറിയുന്നുണ്ട് ഇന്ദ്രിയങ്ങളിലൂടെയും നേരത്തെ പറഞ്ഞ് സ്ഥൂലമായ മനസ്സിലൂടെ അറിയുന്നതാണ് അതല്ല വികല്പരഹിതമായ മനസ്സിലൂടെ അപ്പൊ നിയന്ത്രിക്കുന്ന മനസ്സ് അതാണ് മനസ്സഹ സങ്കല്പാതിരൂപ ഇഷ്ട സങ്കല്പ വികല്പര രൂപത്തിലുള്ള മനസ്സിനെ നിയന്ത്രിക്കുന്ന മറ്റൊരു മനസ്സാണ് അതിനീട്ട് എന്ന് പറഞ്ഞു ബുദ്ധിയെന്നോ മനസ്സെന്നോ അന്ധകരണമെന്നോ വൃത്തിയെന്നോ എന്തുകൊണ്ടോ പറയാം ആ മനസ്സുകൊണ്ട് ഇതിനെ അറിയാൻ കഴിയും ഞാതും ശക്യതേ എന്തിനറിയാൻ കഴിയുന്നു ആത്മാവിനെ ആത്മാവ് താൻ തന്നെ അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് തം ആത്മാനം ബ്രഹ്മ അതാണ് തത്വമസി എന്ന് പറയുന്നത് സ്വസ്വരൂപമായിരിക്കുന്ന ആ ആത്മാവ് അത് തന്നെയാണ് ബ്രഹ്മ പരമാത്മാവ് തത്യേ വിധുഹു അതിനാരാണോ അറിയുന്നത് തീ അമൃതാഹഭവന്തി അമൃതന്മാരായി തീരുന്നു തത്വജ്ഞാനം വളരെ ലളിതമാണ് അനായാസമാണ് പക്ഷെ മനുഷ്യൻ അവന്റെ ബുദ്ധി കൊണ്ടിതിൽ ക്ലിഷ്ഠതകൾ കൽപ്പിക്കുകയാണ് സ്വതേ അത് കാരണം ആത്മാവ് എന്ന് പറയുന്നതിന് എന്താണ് പറയുന്നത് നിർമ്മലമാണ് പരിശുദ്ധമാണ് സ്വച്ഛമാണ് യാതൊരു തരത്തിലുള്ള വികല്പങ്ങളുമില്ല ജ്ഞാനം ജീവൻ എന്തു ചെയ്യുന്നു അവന്റെ ബുദ്ധി കൊണ്ട് ഇതിൽ ഒരുപാട് ക്ലിഷ്ഠതകൾ കല്പിക്കുന്നു അതിനാണ് എന്ന് പറയുന്നത് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കല്പിക്കുന്നു തന്നെ ഒരുപാട് കുരുക്കുകൾ കെട്ടുന്നു കുരുക്കുകളെടുക്കുന്നു എന്നിട്ട് ആ കുരുക്കുകളെ അഴിക്കുന്നതിന് വേണ്ടി വളരെ വളഞ്ഞ മാർഗങ്ങൾ സ്വീകരിക്കുന്നു അനുക്ലിഷ്ടമായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നു കഠിനമായ സാധനങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കേണ്ടി വരുന്നു ഏറ്റവും സരളമായ ശുദ്ധമായ ഏറ്റവും പരിശുദ്ധമായ നിർമ്മലമായ ആത്മവസ്തുവിനെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും വളഞ്ഞ മാർഗങ്ങൾ മനുഷ്യ സ്വീകരിക്കുന്നു എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇതാണ് മായ ഏറ്റവും പരിശുദ്ധമായ ഒരു വസ്തുവിന് ഏറ്റവും വക്രമായ മാർഗങ്ങളിലൂടെ പ്രാപിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ നിർബന്ധിതനായിത്തീരുന്നു ജീവൻ ഹിമാലയത്തിന്റെ മേടൊക്കെയായിരുന്നു സമുദ്രത്തിന്റെ അടിപ്പോകുന്നു എന്തെല്ലാം അഭ്യാസങ്ങളാണ് ജീവൻ ചെയ്യുന്നത് അത് മായ അതിനാണ് മായ എന്ന് പറയുന്നത് കാരണം സരളമായ ഒന്നാണ് പരിശുദ്ധമായ ഒന്നാണെങ്കിൽ അതിനെ അങ്ങനെ പ്രാപിക്കണം അതിൻ്റെ അതിന്റെ യുക്തി അങ്ങനെയാണ് അതിനെ പ്രാപിക്കേണ്ടത് പക്ഷെ അതിന് കഴിയുന്നില്ല അതിന് മായ വാസന അധ്യാസം വാസനം ഇതൊക്കെയാണ് കാരണം അജ്ഞാനം ഇതെല്ലാം വരുന്നു തമാത്മാനം ബ്രഹ്മ അങ്ങനെയുള്ള ഇതിന്റെ സ്വരൂപമായിരിക്കുന്ന ആ പരമാത്മാവിനെ ഏ പിത ആരാണോ അറിയുന്നത് അമൃതാഹഭവന്തി അവർ അമൃതന്മാരായിത്തീരുന്നു ആ മന്ത്രം നോക്കുക ഈ ആത്മാവിന്റെ രൂപം യഥാർത്ഥ സ്വരൂപം സന്ദർശി ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായി ന തിഷ്ഠതി സ്ഥിതി ചെയ്യുന്നില്ല ും ഈ ആത്മാവിനെ ചുഷ ഒരിന്ദ്രിയങ്ങളെ കൊണ്ടും എന്ന പശിതി കാണുന്നില്ല മൃതാസ് അവിടെയാണ് ഹൃദ മനീഷ വികല്പങ്ങളില്ലാത്ത ബുദ്ധി കൊണ്ട് ഹൃദ മനീഷ മനസ ഹൃദ ഹൃദയസ്ഥിതമായ മനസാ മനീഷ വികൽപരഹിതമായ ബുദ്ധികൊണ്ട് അഭിക്ലിപ്ത സാക്ഷാത്കരിക്കുന്നത് അവർ ഏതദ്വിദുഹു ഇതിനെ അറിയുന്നവർ ഈ ആത്മാവിനെ പരമാത്മാവായി അറിയുന്നവർ അല്ലെങ്കിൽ തന്നെ പരമാത്മാവായി അറിയുന്നവർ അങ്ങനെ ഏതൊരു ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത് അമൃതാഹഭവന്തി മരണമില്ലാത്തവരായിത്തീരുന്നു മുക്തന്മാരായിത്തീരുന്നു അടുത്ത ഭാഷ്യകാലം പറയാണ് ഈ പറയുന്ന മണിറ്റ് ഹരത് എന്നെല്ലാം പറഞ്ഞത് അതിപ്പോ കൈവശമില്ല അതുകൊണ്ടാണ് ഇതിനറിയാതിരിക്കുന്നത് സാക്ഷാത്കരിക്കാതിരിക്കുന്നത് അത് എങ്ങനെ പ്രാപിക്കാം കഥം പ്രാപ്യതർഥോ യോഗ ഉച്ചിത് അതിന് വേണ്ടിയിട്ടുള്ള യോഗം എന്താണ് യോഗം എന്നാണ് അടുത്ത് പറയുന്നത് സന്ദ്രൃശി ത്തിരുപമസ്യ ചക്ഷുഷാ പശ്യതിനസക്ലിപ്തോദുരമൃദി യഥാചതിഷന്തി ോ നിവർത്തി ആത്മനെ പഞ്ചാർത്ഥോ तेन ഉച്യത്തിവതിഷന്തി മനസയുഗത സങ്കൽ്യവർത്തെ അന്ധക്കണേന ബുദ്ധിസ്ഥതി സ്വ്യാപാരേതി നപ്രിയെതി യഥാ യസ്മിൻ കാല ഏതൊരു കാലത്തിലാണോ നേരത്തെ പറഞ്ഞ അഭ്യാസത്തിന്റെ പരിപക്വമായ അവസ്ഥ ധാരണ ധ്യാനം ഇവയുടെ അരിവക്കുമായ അവസ്ഥയിൽ സ്വവിഷയേഭ്യോ നിവർത്തി അഭ്യാസം വൈരാഗ്യത്തിന്റെ സഹായം കൊണ്ട് മാത്രമേ വിഷയങ്ങളിൽ നിന്നും മനസ്സും ഇന്ദ്രിയങ്ങളും നിവർത്തിക്കത്തുള്ളൂ അഭ്യാസം മാത്രം പോരും അഭ്യാസം തുടരുകയും വൈരാഗ്യം പരിശീലിക്കാതിരിക്കുകയും ചെയ്തു അതുകൊണ്ട് നിവൃത്തി ഉണ്ടാകത്തില്ല അഭ്യാസം എവിടെ ആവശ്യമാണ് പ്രവൃത്തിയിലും നിവൃത്തിയിലും അഭ്യാസം വേണം മാർഗങ്ങൾ രണ്ടാണ് ഒന്ന് പ്രവൃത്തി മറ്റൊന്ന് നിവൃത്തി വൈരാഗ്യം കൂടാതെയുള്ള അഭ്യാസം അതാണ് പ്രവൃത്തി മാർഗം പോകുന്ന ഒരുവനും വൈരാഗ്യം ശീലിക്കാതെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ ഫലത്തിലത് പ്രവൃത്തി മാർഗമാവും വെച്ചാൽ കർമ്മങ്ങൾ ബന്ധനകരങ്ങളായിത്തീരും വിഷയങ്ങളിൽ നിന്നും മനസ് പിൻവലിയണമെങ്കിൽ അവിടെ വൈരാഗ്യം കുടിയൊക്കെ വിഷയങ്ങളിലുള്ള ദോഷദൃഷ്ടി ഇതിന്റെ ബന്ധന സ്വഭാവം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിനെ ശീലിപ്പിക്കുക മനസ്സിന്റെ അതിലേക്കുള്ള വാസനാപ്രേരിതമായിട്ടുള്ള പോക്കിനെ തടയുക അതാണ് സ്വവിഷയഭ്യോ നിവർത്തിതാനി സ്വസ്സു വിഷയങ്ങളിൽ നിന്നും നിവർത്തിക്കണം മനസ്സ്വാത്മന്യീവ എന്നിട്ട് അത് എവിടെ നിൽക്കണം മനസ്സിന് വിഷയം കൂടിയേ തീരൂ തന്നിൽ തന്നെ നിൽക്കുന്നു സ്വാത്മന്യവ തന്നിൽ തന്നെ നിൽക്കുന്നു പഞ്ചജ്ഞാനി പഞ്ചജ്ഞാനങ്ങളും ജ്ഞാനങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ ഇവിടെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം എന്നാർത്ഥം എന്തുകൊണ്ട് ജ്ഞാനാർത്ഥത്വ ഇന്ദ്രിയങ്ങൾ ജ്ഞാനത്തിന് വേണ്ടിയുള്ളത് ആണ് അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് ഇവിടെ ജ്ഞാനങ്ങൾ എന്ന് പറയും ശ്രോത്രാധീൻ ഇന്ദ്രിയാണ് ജ്ഞാനാനുജ്യന്തെ ഇവിടെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ശ്രോത്രാദീൻ ഇന്ദ്രിയങ്ങളാണ് അതുകൊണ്ടാണ് പഞ്ച അഞ്ചെന്ന് പറഞ്ഞത് അപ്പൊ ഈ അഞ്ചിന്ദ്രിയങ്ങളും വിഷയങ്ങളിൽ നിന്നും നിവർത്തിച്ച് തന്നെ തന്നെ ഉറയ്ക്കുന്നത് ഹർമുഖങ്ങളായി വിഷയം വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോ അത് നടക്കത്തില്ല അതുകൊണ്ട് മനസ്സിനെ അവയിൽ നിന്നും പിൻവലിച്ചേ പറ്റും പിൻവലിച്ച് തന്നിൽ തന്നെ ഉറപ്പിക്കണം അങ്ങനെയാണെങ്കിൽ മനസ്സിന് വിഷയങ്ങളിൽ നിന്നും പിൻവലിച്ച് തന്നിൽ ഉറപ്പിച്ചിരുന്നാൽ മതിയെന്ന് മറ്റൊന്നും ആവശ്യമില്ലെന്ന് ചോദിക്കും അത് മറ്റൊരു വിഷയമാണ് അതിനൊരാൾക്ക് ശക്തി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് പ്രയോജനമുണ്ട് ഇതും പക്വത വന്നവരെ സംബന്ധിച്ച് പറയുക ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ പല പടികൾ പിന്നിട്ടവരെ കുറിച്ച് പറയുക ഇന്ദ്രിയങ്ങളെല്ലാം സ്വീയ അതിന് യോഗശാസ്ത്രത്തിൽ പറയും ധാരണ ധ്യാന സമാധികളെല്ലാം സർവ്വ ജീവന്മാരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ സ്വേച്ഛയ സംഭവിക്കുന്നത് യോഗി പറയുന്ന എല്ലാ കാര്യങ്ങളും പരമവൈരാഗ്യം ഇതെല്ലാം സർവ്വ ജീവന്മാർക്കും കാലദേശ ഭേദമനുസരിച്ച് എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എല്ലാ ജന്മങ്ങളിലും സംഭവിക്കുന്നു പക്ഷെ സ്വേച്ഛ സംഭവിക്കുന്നതാണ് സംഭവിക്കുന്നു എന്നുള്ളതാണ് യോഗിയിലെ വിശേഷം അല്ലെങ്കിൽ സഹജമായി സംഭവിക്കും ബഹുർമുഖങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ അന്തർമുഖമാകും വികല്പരൂപത്തിലുള്ള നിക്ഷിപ്ത രൂപത്തിലുള്ള മനസ്സ് ഏകാഗ്രമാകും പക്ഷെ ഇത് സ്വന്തം ഇച്ഛ കൊണ്ടത് സാധിക്കുന്നവനാണ് യോഗി എന്ന് പറയുന്നത് അപ്പോൾ മാത്രമേ മനസ്സിന് ഏകാഗ്രതയുള്ളൂ താൻ ഇച്ഛിക്കുന്ന വിഷയത്തിൽ മനസ്സിന് നടത്തുക അതാണ് യഥാർത്ഥത്തിലുള്ള നിരോധം എന്നാണ് യോഗശാസ്ത്രത്തിൽ പറയുന്നത് അല്ല മനസ്സിന്റെ നിരുദ്ധമായ അവസ്ഥ ജീവൻ സംഭവിക്കുന്നുണ്ട് സഹജമായി സുഷുതിയിൽ സംഭവിക്കുന്നുണ്ട് മൂർച്ചയിൽ സംഭവിക്കുന്നുണ്ട് പിന്നെ രോഗത്തിൽ സംഭവിക്കുന്നുണ്ട് രോഗം വരുമ്പോൾ സംഭവിക്കുന്നുണ്ട് മനസ്സിന് നിരോധം സംഭവിക്കുന്നുണ്ട് ബിസ്റ്റീരിയ പോലുള്ള അസുഖങ്ങൾ ഓരോ മനസ്സിന് നിരോധമാവും ഇനിയിപ്പോ അങ്ങനെ വേണ്ട കൃത്രിമമായും മനസ്സിന് നിരോധം സംഭവിക്കുന്നതാണ് ബോധം കെടുത്തുന്നതിനുള്ള മരുന്നും മറ്റും കൊടുക്കുന്നത് അത് മനസ്സിന്റെ നിരോധമാണ് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ മരുന്ന് കഴിച്ചുറങ്ങും അവിടെ മനസ്സിന് നിരോധമാണ് സംഭവിക്കുന്നത് പക്ഷെ യോഗിയുടെ നിരോധം അല്ലെന്നേ കൊടുക്കും ഇതൊന്നും മനസിന്റെ നിരോധമാണ് യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം യോഗമാവും ഇതൊന്നും യോഗമല്ല പക്ഷെ ഇവിടെയൊക്കെ നിരോധം സംഭവിക്കുന്നുണ്ട് മനസ്സ് നിരുദ്ധമാവുന്നുണ്ട് സുഷുയിലും നിരുദ്ധമാകുന്നുണ്ട് ഗുളിക കഴിച്ചിറങ്ങിയാലും മനസ്സ് നിരുദ്ധമാവുന്നുണ്ട് വികല്പങ്ങളില്ലാതെയാവുന്നുണ്ട് പക്ഷെ സ്വേച്ഛയോഗ്യുന്നു ഇത്തരം ആലംബനങ്ങളൊന്നും സ്വീകരിക്കുക നിരോധിക്കുന്നു അങ്ങനെ നിരോധിക്കുമ്പോൾ യോഗി എന്ത് ചെയ്യുന്നു നിദ്രയെ കൂടി നിരോധിക്കുന്നു അത് യോഗിയുടെ കഴിവ് നിദ്രയിൽ മനസ്സ് സ്വയം നിരുദ്ധമാകും വാസനമുണ്ട് യോഗി എന്ത് ചെയ്യുന്നു നിദ്രയെ കൂടി നിരോധിച്ചു കളഞ്ഞു ചേച്ചിയാണ് യോഗിയുടെ പ്രത്യേകത അതിനുള്ള ഇച്ഛാശക്തിയുണ്ട് യോഗിക്ക് അല്ലാതെ വരുന്ന നിരോധങ്ങൾക്ക് ഇച്ഛാസക്തിൽ ആവശ്യമുണ്ട് സഹജമായ അത് നിരോധനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ പറയുന്ന എന്താണ് ശ്രോത്രാദീന്ദ്രിയങ്ങളെല്ലാം അവതിഷ്ഠന്തി നിരുദ്ധമാകുന്നു വിഷയങ്ങളെന്നു പിന്മലീ സഹ മനസനഗതാനി ഇന്ദ്രിയങ്ങളെല്ലാം ഈ മനസ്സിനെ പിന്തുടർന്നാണ് വിഷയങ്ങളിലേക്ക് പോകുന്നത് ആ ഇന്ദ്രിയങ്ങൾ മനസ്സിനോടൊപ്പം പിന്തിരിയു മനസ്സ് പിന്തിരിഞ്ഞാലേ അവയ്ക്ക് പിന്തിരിയാൻ പറ്റും ശേഷിയുള്ളൂ അതെങ്ങനെ ആ ജീവന്റെ ഇച്ഛണ്ട് എന്നാലേ അത് നിരോധമാകത്തുള്ളൂ അങ്ങനെയുള്ള മനസ്സുകൊണ്ട് അതുകൊണ്ട് സാക്ഷാത്കാരം പ്രതിദിനം നമുക്ക് ചിത്ര നിരോധം സംഭവിക്കുന്നുണ്ടെങ്കിലും സാക്ഷാത്കാരം സംഭവിക്കുന്നുണ്ട് സുഷപ്തിയിലും മൂർച്ചയിലും അല്ലെങ്കിൽ മരുന്ന് കഴിച്ചോ ഏതെങ്കിലും തരത്തിൽ വൃത്തി നിരോധം സംഭവിക്കുന്നുണ്ട് പക്ഷെ സാക്ഷാത്കാരം അവിടെ സംഭവിക്കുന്നുണ്ട് എന്തുകൊണ്ട് സങ്കൽപ്പാദി വ്യാപൃത്തേന അന്തക്കേച്ചയാ സങ്കല്പാദികളെ നിരോധിച്ച അന്ധകരണം അവിടെ ഇല്ല അതുകൊണ്ടാണ് സങ്കല്പാദി വ്യാപൃത്തമാണ് സങ്കൽപാദികൾ നിരോധിക്കപ്പെട്ട അന്ധകരണം അവിടെ അങ്ങനെ സങ്കല്പങ്ങൾ നിരോധിച്ച അന്ധകരണം അന്ധകരണം മനസ്സും എപ്പോഴാണോ നിരോധിക്കപ്പെടുന്നത് ബുദ്ധി അധ്യവസായ ലക്ഷണ ന വിചേഷ്ടുദ്ധിയും പ്രവർത്തിക്കുന്നില്ല മനസ്സ് വിഷയങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം അതിനോടൊപ്പം ബുദ്ധിയും കാണും നിശ്ചയാത്മിക ബുദ്ധി എന്ന് പറയുമ്പോ ഏതാണോ മനസ്സായിരിക്കുന്ന അത് തന്നെയാണ് പരിണമിച്ച് ബുദ്ധിയായി എത്തിയിരുന്നത് രണ്ടു വസ്തുക്കളില്ല ഒരേ അന്തക്കണ്ണം തന്നെ യഥാർത്ഥ ഭാവനയിലും സംശയത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ അതിനെ മനസ്സെന്ന് വിളിക്കുന്നു അതുതന്നെ ഒരു വിഷയത്തിൽ ഊന്നി നിൽക്കുമ്പോൾ അതിനെ നമ്മൾ ബുദ്ധിയെന്ന് വിളിക്കുന്നു അധ്യവസായം നിശ്ചയാത്മികയായിരിക്കുന്നു രണ്ടു ഒന്നുകാമഭേദമാണ് രണ്ട് വസ്തുക്കൾ രണ്ട് പ്രവർത്തനത്തിലിരിക്കുന്നതല്ല ഒരേ വസ്തു രണ്ട് പ്രവർത്തനത്തിൽ നിൽക്കുന്നതാണ് മനസ്സ് ഈ മൂന്ന് ഭാവത്തിന് നീക്കാതിരിക്കുക എന്നുള്ളതാണ് ചുരുക്കം പദാർത്ഥ ഭാവനയിൽ നിൽക്കാതിരിക്കുക വിഷയഭാവനയിൽ നിൽക്കാതിരിക്കുക സംശയരൂപത്തിൽ നിശ്ചയി നിൽക്കാതിരിക്കുക വിഷയനിശ്ചയങ്ങളിൽ നിൽക്കാതിരിക്കുക മനസ്സ് ന വിചേഷ്ഠതയും മനസ്സിനെ ചേഷ്ഠിക്കുന്നില്ല സ്വവ്യാപാരേഷു ന വിചേഷ്ഠതയും മനസ്സ് ബുദ്ധി ഇന്ദ്രിയങ്ങൾ ഇവയൊന്നും അതാതിൻ്റെ പ്രവൃത്തികളിൽ പ്രവർത്തിക്കുന്നില്ല എന്ന വ്യാപ്രിയതെ ഞാൻ വ്യാപരിക്കുന്നില്ല ഇത് സ്വേച്ഛയാ സംഭവിക്കുന്നത് യോഗിയുടെ ഇച്ഛയ്ക്ക് അധീനമായി ഇത് സംഭവിക്കുന്നുകൊണ്ടാണ് ഇതിന് സമാധി എന്ന് വിളിക്കുന്നത് അതാണ് സുഷുക്തി മൂർച്ച തുടങ്ങിയ അവസ്ഥകളിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം തമാഹു പരമാഗതിയും പരമമായ ഗതിപ്രാപ്തി സ്ഥാനം അതാണ് അങ്ങനെ ഇതെല്ലാം പ്രവർത്തിക്കാതിരിക്കുന്ന ഒരവസ്ഥ യോഗം യോഗത്തിന്റെയും ഉറവിടം മൂലം ശ്രുതിയല്ല ഈ ശ്രുതിയിൽ നിന്നാണ് പതഞ്ജലിയും മറ്റും യോഗശാസ്ത്രത്തെ ആവിഷ്കരിച്ചത് അതിവിടെ അതിന്റെ സൂക്ഷ്മമായ ഭാവങ്ങൾ ഇവിടെ കിടപ്പുണ്ട് ഇവിടെ നിന്നാണ് തുടങ്ങിയത് അതിന്റെ ഗുണത്തെക്കുറിച്ചും അതിന്റെ പോരായ്മയെക്കുറിച്ചും എല്ലാം ഇവിടെ ചർച്ച ചെയ്യും അപ്പൊ ഈ യോഗം ഇത്തരത്തിലുള്ള ഒരു യോഗവും ഒരുവനും പ്രാപ്തമായാൽ അതും അവനെ മോക്ഷത്തിലെത്തിക്കും നേരത്തെ പറഞ്ഞോളൂ മനനം എന്നും മനനം എന്നും നിരോധം എന്നും എല്ലാം ചെറിയ വ്യത്യാസങ്ങളുണ്ട് ആത്യന്തികമായിട്ടും ഒന്ന് തന്നെ യോഗശാസ്ത്രത്തിനും പറയും വിവേക ഖ്യാതി ഇവിടെ പറയുന്നു സാക്ഷാത്കാരം എന്ന് പറയും വ്യത്യാസങ്ങൾ വരുന്നത് ശാസ്ത്രത്തിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രത്തിന്റെ ആ വരുന്ന വ്യത്യാസങ്ങളല്ല മറിച്ച് ഇതിനെ സ്വീകരിക്കുന്ന ജീവൻമാരിൽ വരുന്ന വ്യത്യാസങ്ങളാണ് വരുന്ന വ്യത്യാസങ്ങൾ ചിലർക്ക് ചിലത് പറ്റും ചിലർക്ക് ചിലത് പറ്റത്തില്ല വസൃഷ്ടൻ ശ്രീരാമനെ ഉപദേശിക്കുന്നു യോഗം ചിലർക്ക് പറ്റും ചിലർക്ക് ജ്ഞാനം പറ്റും ചിലർക്ക് ചിത്രവൃത്തി നിരോധം പറ്റും ചിലർക്ക് മനനം പറ്റും ഇത് രണ്ടും ഒന്ന് ഒരാളിൽ അത് വൃത്തി നിരോധരൂപത്തിനും വേറൊരാളിൽ മനന രൂപത്തിലിരിക്കുന്നു എന്നുള്ളതാണ് അതിനെ തന്നെയാണ് മറ്റെല്ലാ ഭക്തിരൂപത്തിലും ഭക്തി എന്ന് പറയുന്നു അവിടെയും വൃത്തി നിരോധം സംഭവിക്കും അതും ചിത്രവൃത്തി നിരോധം തന്നെ ഭക്തി എന്ന് പറയും യോഗം തന്നെ തത്ത് വിചാരം പറയുന്നതും അത് ഇതൊന്നും വേറെ വേറെയല്ല പക്ഷെ ഒരാളിൽ അത് നിരോധരൂപത്തിൽ വേറൊരാളിൽ ഭക്തിയുടെ ഭാവത്തിൽ വേറൊരാളിലത് തത്ത് വിചാരത്തിന്റെ ഭാവത്തിലൊക്കെ സ്ഥിതിയിൽ നിന്നേ ഉള്ളൂ ഇവിടെയെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രക്രിയ ഒന്നാൻ എന്താണ് വിഷയങ്ങളിൽ നിന്ന് ഈ പറഞ്ഞ കാര്യം ഈ മന്ത്രത്തിൽ പറഞ്ഞ കാര്യം മനസ്സും ഇന്ദ്രിയങ്ങളും ബുദ്ധിയും എല്ലാം വിനിവലിയുന്നു ഒരിടത്തും മനസ്സുറയ്ക്കുന്നു ഭക്തിയിലായാലും അത് ഭാവത്തിലൂടെ മനസ്സ് ഭഗവാൻ ഉറക്കുന്നു യോഗത്തിൽ അഭ്യാസത്തിലൂടെ നിരോധിച്ച് സ്വേച്ഛയ മനസ്സിനെ അധ്യൈവസ്തുറപ്പിക്കുന്നു മനനത്തിൽ ശ്രുതിവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏകാഗ്രമായി ചിന്തിക്കുന്നു ഇതെല്ലാം ഒരു കാര്യം തന്നെയാണ് ഇവിടെയെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് വൃത്തിയുടെ ഏകാഗ്രത വൃത്തി നിരോധം സർവസ്ഥലത്തും അതിന് സംഭവിക്കുന്നു ജീവന്റെ വാസനാ വൈദ്യമനുസരിച്ച് ഓരോരുത്തരിൽ ഓരോ രീതിയിലത് പ്രവർത്തിക്കുന്നു അപ്പൊ അതിന് തത്വജ്ഞാനം ഭക്തി യോഗം ഇങ്ങനെയുള്ള വേറെ വേറെ പേരുകൾ പറയുന്ന തന്ത്രം മന്ത്രം എല്ലാം ഇതിന് ഉൾപ്പെടുന്ന ഇതൊന്നു തന്നെ തമാഹു പരമാംഗതിയും ആ പരമമായ ഗതി അത് ഒന്ന് തന്നെ എല്ലായിടത്തും ഇത് വേറെ വേറെ അതിസൂക്ഷ്മമായി ചിന്തിച്ചാൽ മാർഗങ്ങളിൽ പോലും വ്യത്യാസമല്ല നമ്മൾ ആദ്യം പഠിക്കുന്നത് മാർഗങ്ങൾ വേറെ ലക്ഷ്യം ഒന്നൊന്നാണ് അത് ഗാഠമായി അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുമ്പോൾ മാർഗങ്ങളിൽ പോലും വ്യത്യാസം എല്ലാ മാർഗങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നല്ല ഒന്നല്ല മനസ്സിന്റെ ഏകാഗ്രത മനസ്സിന്റെ വിഷയങ്ങളിൽ നിന്നുള്ള പിന്തിരിയൽ ഇത് തന്നെയാണ് ഏത് സാധന മാർഗത്തിലും സംഭവിക്കുന്നത് ഇതിനപ്പുറം ഒന്നും സംഭവിക്കുന്നില്ല പിന്നെ മാർഗങ്ങളിൽ പോലും പരമാർത്ഥത്തിൽ വ്യത്യാസമില്ല ഒന്ന് തന്നെ ജീവന്റെ വാസനകളിൽ വ്യത്യാസമുണ്ട് അങ്ങനെ ജീവന്മാരിൽ ഭേദമിരിക്കുന്നു പോന്നെയാണ് ആത്യന്തികമായി മാർഗത്തിലും ലക്ഷ്യത്തിലും വ്യത്യാസമല്ല എല്ലാവരും ഒരേ മാർഗത്തിൽ കൂടെ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മാഹു പരമാംഗതി പറയും ഇതിനെയാണ് പരമമായഗതിയെന്നും ആഹുഹു പറയുന്നു ആര് പല ആചാര്യന്മാർ പല ശാസ്ത്രങ്ങൾ പല ഉപദേശങ്ങളിൽ പലരും പറയുന്നത് ഒന്നിനെ തന്നെ എന്നാണ് വേറെ വേറെ പേരിട്ട് വിളിക്കുന്നു എന്നേ ഉള്ളൂ യോഗമാർഗം ജ്ഞാനമാർഗം ഭക്തിമാർഗം അങ്ങനെ പല പേരുകളിൽ പറയുന്ന ഒന്ന് തന്നെ ലക്ഷ്യവും മാർഗവും ഒന്ന് ആ മന്ത്രം നോക്കുക യഥാ എപ്പോഴാണോ ജ്ഞാനി ഇന്ദ്രിയങ്ങൾ പഞ്ച അല്ലെങ്കിൽ പഞ്ച ജ്ഞാനാനി പഞ്ചേന്ദ്രിയങ്ങൾ മനസാസഹ മനസോടൊപ്പം അവതിഷ്ഠന്തി നിശ്ചലമാകുന്നത് അവസ്ഥാനം ചെയ്യുക എന്നാണ് അവതിഷ്ഠന്ത എന്ന് പറഞ്ഞത് നിശ്ചലമാകുക ബുദ്ധിശ്ച ബുദ്ധിയും ന വിചേഷ്ഠതയും ചേഷ്ഠതയെന്ന് വെച്ചാൽ വിശേഷ്ടിക്കാതിരിക്കുന്നത് നിശ്ചലമാകുന്നത് ആ നിശ്ചലത അതാണ് നിശ്ചലതയിലാണ് ശാന്തി അവസ്ഥാനം നിശ്ചലത എന്നൊക്കെ പറയുന്നു അത് പരമമായ ശാന്തിയാണ് തം പരമാവ്യതിമാഹു അവസ്ഥ അങ്ങനെ വരുന്ന ആ ശാന്തിയെ പരമാംഗതി പരമമായ ഗതി എന്ന് പറയുന്നു മോക്ഷം എന്ന് പറയുന്നു തത്വവിചാരത്തിൽ ഈ തത്വത്തെ ഏകാഗ്രമായി അനുസന്ധാനം ചെയ്യുന്നു വിചാരത്തിലൂടെ അവിടെ മനസ്സ് സങ്കല്പരൂപത്തിനുള്ളതാണെങ്കിലും അവിടെ സമാന ജാതീയ പ്രത്യയം എന്നു പറയും ഒരു സങ്കല്പല്ല ഒരേ ജാതിയിലുള്ള അനേക പ്രത്യങ്ങൾ ചിത്രവൃത്തികൾ ഒരേമാതിരി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു യോഗത്തിൽ അങ്ങനെയല്ല ഏകജാതീയമായ വൃത്തി ഒരേ ജാതിയിലുള്ള വൃത്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു യോഗത്തിൽ ധ്യേയമായ ഒരു വിഷയത്തെ ഏക വൃത്തി കൊണ്ട് തന്നെ അനുസന്ധാനം ചെയ്യുന്നു വിചാരത്തിൽ അങ്ങനെയല്ല ആത്മാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിൽ ഒരു വൃത്തിയായി അതിനെക്കുറിച്ച് എന്തെല്ലാം ഭാവന ചെയ്യുന്നു അത് അപരിച്ഛിന്നമാണ് അനന്തമാണ് സർവ്വവ്യാപകമാണ് അത് തന്നെയാണ് പരമാത്മാവും നേതി നേതി അത് സ്ഥൂലമല്ല സൂക്ഷ്മമല്ല കാരണമല്ല ഈ തരത്തിൽ ചിന്തിക്കുന്നു ആത്മാവിനെ കുറിച്ച് അപ്പൊ ഈ ചിന്തകൾക്കുള്ള പ്രത്യേകത എന്താണ് അവിടെ വൃത്തിയേകമല്ല മനസ്സ് സജാതീയങ്ങളാണ് ഒരേ വർഗത്തിൽപ്പെട്ട അനേക വൃത്തികളാണ് മനസ്സ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് യോഗവും വിചാരവും തമ്മിലുള്ള ഒരു വ്യത്യാസം സ്വാഭാവികമായിട്ടും മനനം എന്ന് പറയുമ്പോൾ ആൾക്കാർ സംശയം തോന്നും മനനമെന്ന് പറയുമ്പോൾ അവിടെ മനസ്സ് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ മനസ്സ് ഈ പറയുന്ന തരത്തിൽ നിശ്ചലമാകും കാരണം മനസ്സിലപ്പോൾ ധാരാളം വൃത്തികൾ ആണ് മനനം ചിന്ത എന്ന് വൃത്തികളുടെ പ്രവാഹമാണ് പക്ഷെ ഈ മനനത്തിന്റെ പ്രത്യേകത എന്താണ് അവിടെ അനേക വൃത്തികളുണ്ടെങ്കിലും ഈ സർവവൃത്തികളും ഒരു വർഗത്തിൽപ്പെട്ടാണ് അതാണ് സജാതീയ വൃത്തികൾ എന്ന് പറയുന്നത് അവിടെ മനസ്സ് ഏകാഗ്രമാകുന്ന എങ്ങനെയാണ് അവിടെ മനസ്സിന്റെ ആലാംബനം ആയിരിക്കുന്ന ഒന്ന് തന്നെ ആത്മാവ് തന്നെ ആത്മാവിനെ ചുറ്റിപ്പറ്റിയുള്ള ചിന്തകളാണ് മഹാവാക്യാർത്ഥ വിചാരം എല്ലായ ആ ചിന്തകളെല്ലാം അവസാനം ചെന്ന് എത്തിയിരിക്കുന്നത് ഒരിടത്ത് തന്നെ അതുകൊണ്ട് മനസ്സിൽ അനേക വൃത്തികളുണ്ട് സജാതീയ വൃത്തികളുണ്ടെങ്കിലും അവിടെയും മനസ്സ് ഏകാഗ്രമാകുന്നു അവിടെ മനസ്സിൽ ബലപ്രയോഗം കുറവാണ് യോഗത്തിൽ അങ്ങനെയാണ് യോഗത്തിൽ മനസ്സിന് കൂടുതൽ ബലം പ്രയോഗിച്ച് ഏകമായ വിഷയത്തിൽ തന്നെ നടത്തും അവിടെ പറയുന്ന ഗ്രഹണ ഗ്രാഹ്യ ഗൃഹീതൃ സമാധി അസ്മിതയിൽ മനസ്സിന് ഉറപ്പിക്കുക എന്നൊക്കെ പറയുമ്പോ രണ്ടാമതൊരു വിഷയം ഒരു വൃത്തി മനസ്സിലുണ്ടാകാൻ പാടില്ല ഇവിടെ അങ്ങനെയല്ല മനസ്സിന് അനേക വൃത്തികൾ പക്ഷെ അനേക വൃത്തികൾക്കും വിഷയം ഒന്ന് തന്നെ ആത്യന്തികമായിട്ട് അങ്ങനെ വരുന്നത് അവിടെയും മനസ്സ് വിചാരത്തിലൂടെ ക്രമേണ മനസ്സ് അവിടെയും നിരീധ്യാസനത്തെത്തിച്ചേരും മനനത്തിൽ നിന്നും നിധ്യാസനത്തിൽ അവിടെയും മനസ്സെത്തിച്ചേരും മനസ്സ് കൂടുതൽ ഏകാഗ്രമാകും അപ്പം രണ്ടും ഫലത്തിൽ ഒന്നായി തന്നെ തീരും ഏതാണ് നല്ലത് എന്ന് അത് ആ ജീവന്റെ വാസനകൾക്ക് അനുരൂപമായത് ഏതോ അത് അയാൾക്ക് നല്ലത് ഒരാൾക്കൊന്നും നന്നായിരുന്നാലും മറ്റൊന്നും വേറെ ആൾക്ക് നല്ലതായിരിക്കും അത് ഒരാൾക്ക് ഏതിനോടാണോ വാസനയുള്ളത് അതനുസരിച്ച് അവർക്ക് അത് നന്നായിരിക്കും യോഗത്തിലാണ് ഒരാൾക്ക് വാസനയെങ്കിൽ ഒരു ഗുഹയുണ്ടാക്കുക അതിൻ്റെ അകത്ത് കയറിയിരിക്കുക അഭ്യസിച്ചു പോകുക വേറെ വഴിയൊന്നുമില്ല അതാണ് യോഗത്തിൻ്റെ മാർഗം വ്യവഹാരവും യോഗവും കൂടി ഒരുമിച്ച് നടക്കത്തില്ല കളോട് ഹാത് ചിത്തവൃത്തികളെ നിരോധിക്കണം മനസ്സിൽ പ്ലാനും പദ്ധതിയുമായിട്ട് കടന്ന് ഒന്നും നടക്കത്തില്ല അതാ വേറെ വഴിയില്ല യോഗിക്ക് ഒറ്റ വഴിയും അച്ഛനും മനനത്തിൽ അങ്ങനെയല്ല മനസ്സിനെത്ര ബലപ്രയോഗം ആവശ്യമുണ്ട് അതുകൊണ്ട് വ്യവഹാര മധ്യത്തിനും മനനം ഒരു പരിധി വരാം ഒരു പരിധി വരെയുള്ളൂ പൂർണ്ണമായും വ്യവഹാരത്തെ ഒഴിവാക്കേണ്ട കാര്യമുണ്ട് പിന്നീട് രണ്ടിനും മനസ്സനുകൂലമല്ലെങ്കിൽ ആണ് പിന്നീട് നമ്മൾ കർമ്മയോഗത്തിനും പറ്റി നിൽക്കുന്നു രണ്ടിനും മനസ്സ് പക്വുമല്ല മനസ്സ് മനനത്തിന് സന്നദ്ധമല്ല ബലാത് അഭാത്മാനെ നിരോധിക്കാനും പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഉള്ള മാർഗങ്ങളാണ് കർമ്മമാർഗം കർമ്മയോഗം മറ്റ് തരത്തിലുള്ള അനുഷ്ഠാനങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം അതുകൊണ്ട് ഇതെല്ലാം ഏത് നല്ലത് ഏത് ചീത്തയെന്ന് തീരുമാനിക്കുന്നത് പ്രയാസമാണ് ഓരോ ജീവന്റെ വാസന ഇതനുസരിച്ചിട്ട് വാസനാ വൈദ്യനുസരിച്ച് ഓരോ കാലത്തും ഓരോരുത്തർക്കും ഓരോന്ന് സ്വീകരിക്കാം എന്നതാണ് പറയുന്നത് ഇപ്പൊ ഈ യഥാ പഞ്ചാവധിഷ്ഠാന് എല്ലാം മനസ്സും ബുദ്ധിയും എല്ലാം നിശ്ചലമായിരിക്കുന്നതാണ് ഇന്ന് നമ്മള് ശ്രുതിയിൽ നിന്ന് കേൾക്കുന്നത് കണ്ടിട്ട് നമ്മളുടൻ കണ്ണടച്ചിരുന്ന് നോക്കിയാൽ ഈ പറയുന്ന പോലെ ഒന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ട് ഇത് അബദ്ധമാണെന്ന് ആരും ധരിക്കരുത് ഈ പറയുന്നത് അതിനുള്ള യോഗ്യതയുള്ളവരെ സംബന്ധിച്ച് മാത്രം ഇത് പ്രായോഗികമായി ഫലപ്രദമാകത്തുള്ളൂ അല്ലാത്തവരെ സംബന്ധിച്ച് ഇത് കേൾക്കാം കേട്ടിട്ട് രസിക്കാം നഷ്ടമൊന്നും വരത്തില്ല കേൾക്കുന്നത് തന്നെ ഒരു രസമാണ് പ്രായോഗികമായി അതിനുള്ള യോഗ്യത ആർജിക്കുന്നവന് മാത്രമേ ഇത് ഫലവത്താകത്തുള്ളൂ ഈ പറയുന്ന കാര്യങ്ങൾ അല്ലാത്തവർക്കും ഗുണം ചെയ്യും ക്രമേണ ഉടനെ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കില്ല അപ്പൊ അതാണ് ഇവിടെ പത്തതാമത്തെ മന്ത്രത്തിൽ പറഞ്ഞത് യോഗത്തിന്റെ പരമമായ നിലയെ കുറിച്ചാണ് പറഞ്ഞത് പതിനൊന്നാമത്തെ മന്ത്രത്തിലും അതിനെക്കുറിച്ചാണ് പറയുന്നത് യാ പചാവതിഷന് ജാതി മനസാ സഹ ബുദ്ധിശ്ചേറ്റ പരമാം ഗതി ഓ ശ